പുസ്തകങ്ങളുടെ താളുകൾ ചുരുട്ടുന്നതുപോലെ നാം ആകാശത്തെ ചുരുട്ടുന്ന ദിവസം ആദ്യത്തെ സൃഷ്ടിപ്പിനെ നാം എങ്ങനെയാണോ ആരംഭിച്ചത് അതുപോലെ നാം അതിനെ ആവർത്തിക്കും അത് നമ്മുടെ വാഗ്ദാനമാണ് തീർച്ചയായും നാം അത് പ്രവർത്തിക്കുന്നവരാകുന്നു